ധ്യായം ഇരുപത്തി ഒന്ന് യഹോ ഷാഫാ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരോടുകൂടെ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ യഹോരാം അവന് പകരം രാജാവായി അവന് യഹോ പുത്രന്മാരായി അസരിയാവ് യഹിയേൽ സെഖരിയാവ് അസരിയാവ് മിഖായേൽ ഷെഫത്യാവ് എന്നീ സഹോദരന്മാർ ഉണ്ടായിരുന്നു ഇവരെല്ലാവരും യഹൂദ രാജാവായ യഹോ ഷഫാത്തിന്റെ പുത്രന്മാർ അവരുടെ അപ്പൻ അവർക്ക് വെള്ളിയും പൊന്നും വിശേഷ വസ്തുക്കളുമായ വലിയ ദാനങ്ങളും യഹൂദയിൽ ഉറപ്പുള്ള പട്ടണങ്ങളും കൊടുത്തു എന്നാൽ യഹോരാം ആദ്യ ജാതനായിരിക്കെയാൽ രാജത്വം അവന് കൊടുത്തു യഹോരാം തന്റെ അപ്പന്റെ രാജത്വമേറ്റ് തന്നെത്താൻ ബലപ്പെടുത്തിയ ശേഷം തന്റെ സഹോദരന്മാരെയൊക്കെയും ഇസ്രായേൽ പ്രഭുക്കന്മാരിൽ പലരെയും വാൾകൊണ്ട് കൊന്നു യഹോരാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ എട്ട് സംവത്സരം എരുഷലേമിൽ വാണു ആഹാബ് ഗ്രഹം ചെയ്തതുപോലെ അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു ആഹാബിന്റെ മകൾ അവന് ഭാര്യയായിരുന്നുവല്ലോ അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു എന്നാൽ യഹോവ ദാവിദിനോട് ചെയ്തിരുന്ന നിയമം നിമിത്തവും അവനും അവന്റെ പുത്രന്മാർക്കും ഒരു ദീപം എല്ലായ്പ്പോഴും കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിമിത്തവും ദാവീദ് ഗ്രഹത്തെ നശിപ്പിപ്പാൻ അവന് അവന്റെ കാലത്ത് ഏതോ യഹൂദയുടെ മേലധികാരത്തോട് മത്സരിച്ച് തങ്ങൾക്ക് ഒരു രാജാവിനെ വാഴിച്ചു യഹോരാം തന്റെ പ്രഭുക്കന്മാരോടും സകല രഥങ്ങളോടും കൂടെ ചെന്ന് രാത്രിയിൽ എഴുന്നേറ്റ് തന്നെ വളഞ്ഞിരുന്ന ഏതോമ്യരെയും പേരാളികളെയും തോൽപ്പിച്ചു കളഞ്ഞു എന്നാൽ ഏതോം ഇന്നുവരെ യഹൂദയുടെ മേലധികാരത്തോട് മത്സരിച്ചു നിൽക്കുന്നു അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് ആ കാലത്ത് തന്നെ ലിബിനെയും അവന്റെ മേലധികാരത്തോട് മത്സരിച്ചു അവൻ യഹൂദ പർവ്വതങ്ങളിൽ പൂജാഗിരികളെ ഉണ്ടാക്കി നിവാസികളെ പരസംഗം ചെയ്യുമാറാക്കി യഹൂദയെ തെറ്റിച്ചുകളഞ്ഞു അവന് ഏലിയ പ്രവാചകന്റെ പക്കൽ നിന്ന് ഒരെഴുത്ത് വന്നതെന്തെന്നാൽ നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ ഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു നീ നിന്റെ അപ്പനായ യഹോഷഫത്തിന്റെ വഴികളിലും യഹൂദ രാജാവായ ആസയുടെ വഴികളിലും നടക്കാതെ ഇസ്രയേൽ രാജകന്മാരുടെ വഴിയിൽ നടക്കുകയും ആഹാബ് ഗ്രഹത്തിന്റെ പരസംഗം പോലെ യഹൂദയേയും യരുസലേം നിവാസികളെയും പരസംഗം ചെയ്യുമാറാക്കുകയും നിന്നേക്കാൾ നല്ലവരായ നിന്റെ മൃദുർഭവനത്തിലുള്ള നിന്റെ സഹോദരന്മാരെ കൊല്ലുകയും ചെയ്യുക കൊണ്ട് യഹോവ നിന്റെ ജനത്തെയും നിന്റെ മക്കളെയും നിന്റെ ഭാര്യമാരെയും നിന്റെ സകല വസ്തുവകകളെയും മഹാബാധ ബാധിക്കും നിനക്കോ ദീനത്താൽ നിന്റെ കുടൽ കാലക്രമേണ പുറത്തു ചാടും വരെ കുടലിൽ വ്യാധി പിടിച്ച് കഠിന ദീനമുണ്ടാകും യഹോവ ഫെലിസ്തീരുടെയും കൂശ്യരുടെയും സമീപത്തുള്ള അരബികളുടെയും മനസ്സ് യഹോരാമിന്റെ നേരെ ഉണർത്തി അവർ യഹൂദയിലേക്ക് വന്ന് അതിനെ ആക്രമിച്ച് രാജധാനിയിൽ കണ്ട സകല വസ്തുവകകളെയും അവന്റെ പുത്രന്മാരെയും അവന്റെ ഭാര്യമാരെയും അപഹരിച്ച് കൊണ്ടുപോയി അതുകൊണ്ട് അവന്റെ ഇളയ മകനായ യഹോവാഹസ് ഒരു മകനും അവന് ശേഷിച്ചില്ല ഇതെല്ലാം കഴിഞ്ഞ ശേഷം യഹോവാവനെ കുടലിൽ പൊറുക്കാത്ത വ്യാധി കൊണ്ട് ബാധിച്ചു കാലക്രമേണ രണ്ട് സംവത്സരം കഴിഞ്ഞിട്ട് ദീനത്താൽ അവന്റെ കുടൽ പുറത്തു ചാടി അവൻ കഠിന വ്യാധിയാൽ മരിച്ചു അവന്റെ ജനം അവന്റെ പിതാക്കന്മാർക്ക് കഴിച്ച ദഹനം പോലെ അവനുവേണ്ടി ദഹനം കഴിച്ചില്ല അവൻ വായിച്ചു തുടങ്ങിയപ്പോൾ അവനെ മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ എട്ട് സംവത്സരം എരുശിലേ മിൽവാണു ആർക്കും ഇഷ്ടനാകാതെ കഴിഞ്ഞുപോയി അവനെ ദാവിദന്റെ നഗരത്തിൽ അടക്കം ചെയ്തു രാജാക്കന്മാരുടെ കല്ലറകളിൽ അല്ല